ചർച്ച ചെയ്യുന്നത് നിർവിശേഷമായ സത്യത്തെ ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നു രണ്ടുതത്തെ ശ്രുതിയുണ്ട് സവിശേഷ ശ്രുതിയും നിർവിശേഷ ശ്രുതി നിരുപാധികമായ ഒരു ഉപാധികളുമില്ലാത്ത സത്യത്തെ ബോധിപ്പിക്കുന്ന വേദവാക്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഉപാധികളോട് കൂടി സത്യത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളുമുണ്ട് ഉപാധികളോടുകൂടി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത് രണ്ടിന്റെയും താല്പര്യം ആത്യന്തികമായ താല്പര്യം നിർവിശേഷമായ തത്വത്തെ ബോധിപ്പിക്കുക ഒരു ഉപാധി ഇല്ലാത്ത തത്വത്തെ ബോധിപ്പിക്കുക എന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേനിവിടെ പറഞ്ഞത് തഥാഹി തത്രേത് ശുഖം ഉത്പതി നീതം അമൂലം ഭവിഷ്യതി ഉപന്യസ്യ സത് ഏത ജഗന്മൂല വിശേഷത്വം വിജ്ഞേയത്വം ദർശയി അപ്പോൾ കാരണമായി അറിയേണ്ട സത്താണ് എന്ന് ഇവിടെ പറയുന്നു ഇവിടെ സൃഷ്ടിയെ കുറിച്ചെല്ലാം പറഞ്ഞു പറഞ്ഞാലും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എന്താണോ സൃഷ്ടിയെ കുറിച്ചുള്ള ഉണ്ടെങ്കിലും അവരോട് മനസ്സിലാക്കേണ്ടത് ജഗത് മൂലം സത്താണ് സത്വന്ന് പറഞ്ഞാൽ സത്യം സത്യത്തെയാണ് മനസ്സിലാക്കേണ്ടത് സത്യത്തിനാണ് സത്തെന്ന് പറയും സത്യമെന്നോ പരമാർത്ഥമൊന്നോ എല്ലാം പറഞ്ഞ ഒന്ന് അല്ല സത്തെന്ന് എല്ലാം പറഞ്ഞ ഒന്ന് അപ്പൊ അതിൽ കൊടുത്ത വിശേഷത എന്താണ് ഇവിടെ ഇങ്ങനെ പറയുന്നിടത്ത് ചന്ത നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ അതിൻ്റെ എല്ലാ ഒരു ബഹസംഹാരം എന്നുള്ളതിനൊക്കെയാണ് വീണ്ടും ഇവിടെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഈ സത്യത്തെ ബോധിപ്പിക്കുന്നതിനും സത്യത്തെ ബോധിക്കുന്നതിനുള്ള വിശേഷത എന്താണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെന്താണോ അത് നമ്മൾ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സത്യം എന്ന് പറയുന്നു തന്റെ സത്യവും ജഗത്തിന്റെ സത്യവും തന്റെ സത്യം തന്നെയാണ് ജഗത്തിന്റെ സത്യം ലോകത്തിന്റെ സത്യം ഒരാൾ അന്വേഷിച്ചു കണ്ടെത്തുന്ന സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഉപദേശിക്കുന്നത് എന്താവശ്യം അതിന് സത്യമായിട്ട് അറിയുന്നില്ല അറിവുണ്ട് നമ്മള നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ അതാണ് അതിന് സത്യമെന്ന് നമ്മൾ അറിയുന്നുണ്ട് അതാണ് അതുകൊണ്ട് അതാണ് സത്യം അങ്ങനെ ബോധിപ്പിക്കുകയാണ് അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സത്യം ഇനി അറിഞ്ഞ് കണ്ടെത്തേണ്ട ഒന്നല്ല അതൊരു കാര്യം പിന്നെ മറ്റൊന്നെന്താണ് പറയുന്നത് ഇത് എന്തുകൊണ്ട് ഇതിനെ അറിയണം അതിന് എന്തുകൊണ്ട് അത് ശരി അതറിഞ്ഞാൽ സംഭവിക്കുന്നത് ആകാംക്ഷ വൃത്തി അതറിയുന്നതിനുള്ള ടൂൾ എന്താണെന്ന് അവനവൻ്റെ ബുദ്ധി സത്യത്തെ അറിയേണ്ട ബുദ്ധി കൊണ്ടാണ് അതാണുള്ള പറയുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് ബുദ്ധി കൊണ്ടാണ് അറിയേണ്ടതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൂടെ എന്താ ചെയ്തത് മറന്നുപോയാ മകനെ പട്ടിണിക്ക് ഇട്ട് കുറേ ദിവസം പട്ടിണി കേട്ടിട്ട് ചോദിച്ചു ഇപ്പോൾ നിനക്കെന്തെങ്കിലും അറിവുണ്ടോ ഇല്ല എന്തുകൊണ്ടറിവില്ല എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം ഈ മനസ്സെന്ന് പറയുന്ന അകത്തിരിക്കുന്ന സാധനം അതാണ് ടൂള് അത് പ്രവർത്തിച്ചാലേ പറ്റും അപ്പം അത് കുറച്ച് ദിവസം പട്ടിണി നടന്നു മനസ്സിലായി ഇതൊക്കെ ബോധിക്കേണ്ടത് അവൻ്റെ ബുദ്ധി കൊണ്ടാണ് ഇല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും ഇത് മറ്റെന്തോ ഉണ്ട് ധരിക്കേണ്ട ഒരു കാര്യമാണ് ബുദ്ധിയുടെ പ്രാധാന്യം ഈ കാര്യത്തിൽ മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നു അതാണ് ഏറ്റവും വലിയൊരു തകരാറ് അതിനു വേണ്ടിയിട്ടാണ് പട്ടിണി കിട്ട് ബോധിപ്പിച്ചത് ബുദ്ധി നേരെയായിരുന്നാലേ ഇതിനറിയാൻ പറ്റും ബുദ്ധി കൊണ്ടല്ലാതെ അതറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണോ ൊണ്ടാണ് മോക്ഷം എന്ന് പറയുന്നതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് അങ്ങനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം എന്നാലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല ആത്യന്തികം എന്ന് പറഞ്ഞാൽ തന്നെ പിടികിട്ടത്തിണ്ട് സിമ്പിളായി പറഞ്ഞ സിമ്പിളായി പറഞ്ഞ മതപ്രഭാഷണം നടത്തുമ്പോൾ പറയാൻ എന്തെങ്കിലും വേണ്ട എളുപ്പത്തി പറഞ്ഞ കൊടുത്താ എന്ത് പറയും സംസാരം എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ മിണ്ടത്തില്ല മൗനവ്രതം സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴിലാണെങ്കിൽ സംസാരം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ മലയാളത്തിലാണെങ്കിൽ സംസാരം എന്ന് പറഞ്ഞ അർത്ഥം വേറെ ഇത്രയും കാലമായിട്ട് സിമ്പിളായ ഒരു വാക്ക് നിങ്ങൾക്ക് മോക്ഷത്തിന് ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല ഏ പരമാനന്ദം പറഞ്ഞാൽ ആൾക്കാർ കളുഷാപ്പി പോവും പിന്നെ അരു എന്താ പറയുക പറ്റില്ല അവർക്ക് അവിടെ നിന്നൊക്കെയാണ് പരമാനന്ദം കിട്ടുന്നത് അങ്ങനെ ഒന്നും പറയലൊരിക്കലും അബദ്ധമാവും ആ അതേ തന്നെ അതാരോ പറഞ്ഞ് മോക്ഷത്തിൻ്റെ ഏറ്റവും സിമ്പിളായ ആർക്കും പരിചയമുള്ള മനസ്സിലാകുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും പരിചയമുള്ള പദം അതാണ് സ്വാതന്ത്ര്യം ഇത്രയും താമസം താമസാണെങ്കിലും ഒരാൾ പറഞ്ഞു അതാണ് അതിൻ്റെ അർത്ഥം ആ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം എങ്ങനെ നേടണം എന്തുകൊണ്ട് നേടണം ബുദ്ധി കൊണ്ട് നേടണം എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ബുദ്ധി ഒരിടത്തും പണയപ്പെടുത്തരുത് ബുദ്ധിയെ പണയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി കൊണ്ട് നേടേണ്ട സ്വാതന്ത്ര്യം അത് കിട്ടത്തില്ല അറിവുകൊണ്ടാണ് സ്വാതന്ത്ര്യനാകേണ്ടത് അറിവ് അതാണ് ഇവിടെ പറയുന്നത് അത് എങ്ങനെയുള്ള അറിവ് കൊണ്ട് ഒരാൾക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റും ആ എന്താണ് പരമാർത്ഥം എന്താണ് സത്യം എന്നുള്ള അറിവ് കൊണ്ടൊരാള് സ്വതന്ത്രനാകുന്നു എന്നാണ് എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നു അങ്ങനെ ഒരു പറഞ്ഞ് അത് പറഞ്ഞാൽ പോയി സാധാരണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാണ് അത് എന്താണ് ആ ബന്ധനമെന്ന് ചോദിക്കുമ്പോൾ അറിവില്ലായ്മ എന്ന് പറയാം പക്ഷെ ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ നമ്മളെ രണ്ട് ഗെയിം പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ അതൊരു ബന്ധനമാണ് അതഴിച്ചു വിടുന്നതാണ് സ്വാതന്ത്ര്യം അഴിഞ്ഞു പോകുന്നതാണ് സ്വാതന്ത്ര്യം അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അപ്പം എന്താണ് ബന്ധനം അവൻ എന്തിനാണോ ബന്ധനമായി അറിയുന്നത് അത് ബന്ധനം ബന്ധനമായി അറിഞ്ഞില്ലെങ്കിൽ തന്നെ അത് ബന്ധനമാകുന്നില്ല നമ്മളൊന്നിനെ ബന്ധനമായി അറിയുമ്പോഴാണ് നമുക്കത് ബന്ധനമായി തീരുന്നത് നമ്മളത് ബന്ധനമായി അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ബന്ധനമല്ല അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യൻ പലതരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് പലർക്കും പലതാണ് ബന്ധനമെന്ന് തോന്നുന്നത് അപ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്നല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു അപ്പം ഇവിടെ പറയുന്നത് ബന്ധനം എന്ന് പറയുന്ന മനുഷ്യനെ അടിസ്ഥാനപരമായി ബന്ധിക്കുന്നത് അറിവില്ലായ്മ തന്നെ അത് അറിഞ്ഞു തുടങ്ങിയ കാലം പോലെ അറിവില്ലായ്മയുണ്ട് അപ്പോൾ എന്ത് അറിവില്ലായ്മയാണോ ആ സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അതാണ് ബന്ധനം അപ്പോൾ ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് ഇവിടെ അച്ഛൻ മകനെ പഠിപ്പിക്കുന്നു അപ്പോ സത്യത്തെ അറിയുന്നില്ല ആ സത്യത്തെ അറിയാതിരിക്കുന്നതാണ് ബന്ധനം സത്യത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നല്ല നമ്മൾ ആശിക്കുന്നത് പോലെയുള്ള അറിവോ നമ്മൾ ആശിക്കുന്നത് പോലെയുള്ള മോചനം ഒന്നുമല്ല കൂടെ പറയുന്നു ഭാഷകാലം പറയും ശ്രുതി അറിവ് എന്ന് പറയുന്ന ഇച്ഛാതന്ത്രമല്ല ഇച്ഛാതന്ത്രം എന്ന് വെച്ചാൽ അറി നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ളതല്ല നമ്മളിപ്പോ മോക്ഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമെന്നെല്ലാം ഓരോന്നിനും ആഗ്രഹിക്കുന്നു ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ മുക്തനാകും അപ്പോൾ നമ്മുടെ ബന്ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ സങ്കല്പങ്ങൾ പലതാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ പലതും ഇച്ഛിക്കുന്നു നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു അപ്പം ഇച്ഛയ്ക്ക് അധീനമായ ഒരു അറിവ് അതല്ല ഇവിടെ പറയുന്ന അറിവ് ഇച്ഛാതന്ത്രമായ അറിവിനെ കുറിച്ചാണ് ശ്രുതി ഇച്ഛാതന്ത്രമല്ല അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ പലതരത്തിലും നമ്മൾ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്നു എല്ലാ മനുഷ്യനും ശ്രമിക്കുന്നത് എല്ലാ പ്രാണികളും ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് എല്ലാ പ്രാണികളും അവനേത് പരണാമത്തിൻ്റെ ഏത് ഘട്ടത്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കണം അതാണ് സ്വാതന്ത്ര്യം എല്ലാ പ്രാണികളും അതിൽ എന്തൊക്കെ അസ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ജന്മസിദ്ധമായി അനുഭവപ്പെടുന്ന അസ്വാതന്ത്ര്യങ്ങൾ അതിനെല്ലാം അതിജീവിക്കുക ശ്രമിക്കുന്നു അതിന് നമ്മൾ അതിജീവനം പറയുന്നു പരണാമത്തിൽ പറയുന്ന അതിജീവനം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷെ അവിടെ അതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ് അവൻ്റെ ഇച്ഛയാണ് ഇച്ഛാതന്ത്രമായ അറിവിലൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇവിടെ അതിനെക്കുറിച്ചെല്ലാം പറയുന്നു ഇവിടെ പറയുന്നത് സത്യം എന്താണെന്ന് അറിയുക ആ അറിവിനെ കുറിച്ച് എന്താ പറയുന്നത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ധാരാളം വസ്തുതന്ത്രം അതാരാ പറഞ്ഞ് ആ അതാണ് വസ്തുതന്ത്രമായ അറിവ് ഇച്ഛാതന്ത്രമല്ല വസ്തുതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണോ അതാണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണോ സത്യം എന്ന് പറയുന്നത് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ല ആഗ്രഹിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമല്ല സത്യം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവനെ നയിച്ചിരിക്കുന്ന ആഗ്രഹിക്കുന്ന പിന്നെ ഒരൊറ്റ പ്രശ്നമേ അവിടെയുള്ളൂ അത് അവിടെ നമുക്കൊരു അറിവില്ലായ്മയുണ്ട് അത് സത്യമാണെന്നറിയുന്നില്ല അതാണ് അറിവില്ലായ്മ പറഞ്ഞത് ബാക്കി നമ്മുടെ അറിവ് ഇച്ഛയ്ക്ക് അധീനമായി പോകുമ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള മുക്തിക്ക് വേണ്ടിയിട്ടുള്ള പല പല ഉപായങ്ങളിൽ പെട്ടുപോകുന്നു അത് സഹജമായ ശ്രമങ്ങളായാലും ശരി ബോധപൂർവം ചെയ്യുന്ന ശ്രമങ്ങളായാലും ശരി ഒരു ഉറുമ്പ് പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നിർഭാഗ്യവശാല അതിൻ്റെ മുക്തിയുടെ ശ്രമങ്ങളെല്ലാം അവസാനിക്കുന്നേക്കോ അങ്ങനെ അച്ചത്തു പോകുമ്പോൾ അതുവരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ മനുഷ്യനും അവൻ്റെ മുക്തിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇച്ഛാധീനമായ പ്രവൃത്തികളാകുമ്പോൾ അത് ഏതുവരെ തുടരും ആകുന്നത് വരെ അതിനുവേണ്ടിയിട്ടാണ് അവൻ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഓരോന്ന് സമ്പാദിക്കുന്നത് അപ്പോൾ ഇന്നത് നേടിക്കഴിഞ്ഞാൽ തൻ്റെ പാരതന്ത്ര്യം ഒഴിവാകും എന്നവൻ വ്യത്ഥമായി ഇച്ഛിക്കുന്നു പക്ഷെ ഒന്നുകൊണ്ടവന് സാധിക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് വളരുന്നുമ്പ് തന്നെ മനുഷ്യൻ ഈ പറയുന്ന ആദിമനിവാസികൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്കിതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുകയും ചെയ്തു അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചോ കാരണം അന്ന് ആ മനുഷ്യനും പ്രവർത്തിച്ചിരുന്ന ബുദ്ധിയാണ് അതിജീവനത്തിന്റെ ബുദ്ധി അതേ ബുദ്ധി എന്തിനാണ് എന്നും പ്രവർത്തിക്കുന്നുണ്ട് അന്നിത് കണ്ടെത്തിയാലും അതിശയിക്കാനൊന്നുമില്ല പുറമ്പിന് പോലും അതേ ബുദ്ധിയാണ് ഇരിക്കുന്നതെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി കുറച്ചുകൂടി വികാസം പ്രാപിച്ചതെന്നുള്ളതാണ് എന്നുവെച്ചാൽ അതിജീവനത്തിൻ്റെ ഏറ്റവും വികാസം പ്രാപിച്ച ബുദ്ധിയാണ് മനുഷ്യനിൽ വന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ എന്നും അതിജീവിക്കുന്നത് ഇവിടെയുള്ള മറ്റ് ജീവികളൊക്കെ നശിച്ചു പോയാലും മനുഷ്യനെ അതിജീവിക്കും എന്തുകൊണ്ട് അവൻ അതിജീവനത്തിലൂടെ വേറെ വഴിയെടുത്തേട്ടും ഇതിനെ എന്നും ആശ്രയിക്കുക ഈ ഭൂമിയെ തന്നെ ആശ്രയിക്കാതെ അവനെ അതിജീവിക്കും അതിനുള്ള ബുദ്ധി അവനുണ്ട് ആണവൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭൂമിയില്ലെങ്കിൽ പോട്ടെ വേറെ സ്ഥലവും കണ്ടെത്തും ഇത് ഉപയോഗിച്ച് കുഞ്ഞുമാകുമ്പോൾ മനുഷ്യബുദ്ധിയുടെ വിശേഷ ആ ബുദ്ധി തന്നെയാണ് മനുഷ്യൻ ആയി പരിണമിച്ച കാലം പോലെ അവൻ ഇരിക്കുന്നത് അതുകൊണ്ട് അവൻ പഴയകാലത്തന്നെ ഇത് കണ്ടുപിടിച്ചു ഇതാണ് സത്യം ആ സത്യബോധം അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു ആദ്യം അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് അതിനൂടെ മുക്തി എന്ന് പറയും അല്ലാതെ നമ്മൾ മുക്തി എന്ന് പറഞ്ഞു എന്തെങ്കിലും തലവ് തിന്നിക്കുന്ന ഒന്നും ഈ പറയുന്ന എന്താണോ ഒറിജിനൽ ഋഷി ഡ്യൂപ്ലിക്കേറ്റ് ഋഷിമാരുമുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ഒറിജിനൽ ഋഷി ൃഷി അത് അംഗീകരിക്കുന്നില്ല സത്യത്തെ അറിയുക സത്യം എന്ന് പറയുന്നത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന് മറിഞ്ഞിരിക്കാൻ പറ്റിയിട്ട് സത്യത്തിന് മറിഞ്ഞിരിക്കാൻ പറ്റിയിട്ട് നമ്മൾ കൃത്രിമം കൃത്രിമമായി ഉണ്ടാക്കുന്ന സത്യങ്ങളിലാണ് നമ്മൾ മൂടി വയ്ക്കുന്നത് അത് നമുക്ക് മൂടിവെക്കാൻ പറ്റും നമ്മൾ കൃത്രിമമായി സത്യത്തെ ഉണ്ടാക്കുക നമ്മൾ മൂടി പക്ഷേ ഇതെന്താണ് പരമാർത്ഥ സത്യമാണ് അതങ്ങനെ നമ്മുടെ അനുഭവത്തിൽ നിരന്തരമുള്ളതാണ് അത് സത്യമാണെന്ന് തിരിച്ചറിയുക അതിനെ സത് സത് എന്നുള്ള ശബ്ദം കൊണ്ട് അത് സത്തെന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഉണ്മയുടെ അനുഭവം ഉള്ളതുകൊണ്ട് ആ ശബ്ദം ഉപയോഗിച്ചെന്നേ അതിനു തന്നെ ഇവിടെ തന്നെ പറയുന്നു ഭാഷകാരൻ തന്നെ പറയും എന്താണ് നമ്മുടെ അനുഭവത്തിൻ്റെ സാമാന്യമായ ഒരു സ്വഭാവമുണ്ട് അതിനെ നമ്മൾ ഉപയോഗിച്ച ഒരു ശബ്ദമാണ് സത് ഇതിന് ഏത് ശബ്ദവും ഉപയോഗിക്കുക സ്വഭാവത്തെ കാണിക്കുന്ന ശബ്ദം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ശബ്ദമാണ് ഏത് ചിത്തം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അറിവ് എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ നമ്മൾ അറിയാതെ പ്രയോഗിക്കുന്നതും എന്നാൽ സാമാന്യമായ രീതിയിൽ പ്രയോഗിക്കുന്നതുമായൊരു ശബ്ദം സംസ്കൃതത്തിലെ യുദ്ധം എന്ന് പറയും മലയാളത്തിലെ യുദ്ധം എന്ന് പറയും ഒരു സർവനാമം എല്ലാത്തിനും ഉപയോഗിക്കുന്ന ശബ്ദം അതും സത്യത്തെയാണ് ബോധിപ്പിക്കുന്നതാണ് എന്തുകൊണ്ട് അത് എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുന്നു അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് ഏക സ്വഭാവം ഏകരസം സർവവ്യാപി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒന്നിനെ എവിടെയും പ്രയോഗിക്കാൻ പറ്റിയൊരു ശബ്ദമാണെന്താ ഇത് എന്ന് പറയുന്നത് ഈദം അത് സത്യത്തെ ബോധിപ്പിക്കുകയാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പം പറയും എന്താണ് എല്ലാ ശബ്ദങ്ങളും ഇതിനെ തന്നെ ഒരു ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് അവിടെ നിന്ന് നമ്മളതിനെ തിരിച്ചറിയുന്നതിന് തന്നെ ഉള്ളൂ ശബ്ദങ്ങൾക്ക് ബോധിപ്പിക്കാൻ വേറൊന്നുമില്ല നമ്മൾ സത്യം എന്ന് പറഞ്ഞാലും അസത്യം എന്ന് പറഞ്ഞാലും മിഥ്യ എന്ന് പറഞ്ഞാലും ശൂന്യം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ബോധിപ്പിക്കുന്നത് അതിനെ ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല അത് മറിഞ്ഞിരിക്കുന്നില്ല അത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നു പറഞ്ഞാൽ എന്താണ് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതാണ് നമ്മുടെ ഉള്ളിൽ അറിവായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരറിവുണ്ടാണ് ഉള്ള അറിവെന്ന് പറയാൻ നമ്മൾ പുറമേ അല്ല നമ്മൾ അറിയുന്നു ഉള്ളിലാണ് അറിയുന്നത് നമ്മൾ പറയുന്നത് എൻ്റെ ഉള്ളിൽ അറിവുണ്ടായിരുന്നു പറയുന്നു ഈ അറിവായിരിക്കുന്നത് ആ സത്യമാണ് അവിടെ വിഭിന്നമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നേയോ അതാണ് സത്യം എന്നാ അതിന് സത്യമാണെന്ന് അറിയാതിരിക്കുന്ന അറിവില്ലായിരുന്നു അതാണ് പരമാർത്ഥമാണെന്നറിയുമ്പോൾ അത് അറിവില്ലായ്മ മാറി ആ അറിവാണ് ഒരു മോക്ഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ കൊടുക്കുന്നത് എന്നുവെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് വന്ന എല്ലാ ബന്ധനങ്ങളെയും മാറ്റിത്തരും അതാണ് ബന്ധനം മറ്റുള്ളവർന്നും ബന്ധനമല്ല നമ്മളെ കൈകൾ ആരെങ്കിലും കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ബന്ധനമല്ലോ അത് നമുക്ക് കഴിച്ചു മാറ്റാം എന്നുള്ളൊരു താത്കാലിക ബന്ധനമാണ് അതുകൊണ്ടിവിടെ പറയും അറിവില്ലായ്മ ഏത് തരത്തിലായിരിക്കണം കാരണം നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടല്ലോ അറിവ് ജനിച്ചിത്രയും കാലമായി ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് ലോകത്തെ സംബന്ധിച്ച് നമുക്കറിവുണ്ട് ഒരുപാട് വിവരങ്ങളുണ്ട് അപ്പോൾ ഇനി എന്താ പുതിയൊരറിവ് ആർജിച്ചിട്ട് അറിവില്ലായ്മയെ നശിപ്പിക്കാൻ അതിലൂടെ എന്താ പറയുന്നത് ഇവിടെ ഈ ഉപദേശം നിങ്ങളൊന്ന് ചർച്ച ചെയ്തതാണ് അവിടെ എന്ത് പറഞ്ഞു ഏതൊരു അറിവാണോ ഏതൊന്നിനെ അറിഞ്ഞാലാണോ പിന്നെ അറിയാൻ ഒന്നും ശേഷിക്കാത്തത് എന്നുവെച്ചാൽ ആ അറിവ് ആ അറിവിനെയാണ് ഇവിടെ വെറും അറിവെന്ന് പറഞ്ഞാൽ പോരാ ഏതെന്തിനാ അറിഞ്ഞാലാണോ സർവത്തെ അറിയുന്നത് ആ അറിവ് ആ അറിവാണ് മുക്തിയെ കൊടുക്കുക സ്വാതന്ത്ര്യത്തെ കൊടുക്കുക അങ്ങനെ ഒറിഞ്ഞും ഉടനെ എന്ത് വരുന്നു നമ്മളുടനെ സർവജ്ഞതയെക്കുറിച്ച് ചിന്തിച്ചു സർവത്തെയും അറിയുക സർവത്തെയും അറിയുക എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ സാധ്യമായ കാര്യമല്ല സർവത്തെയും അറിയുക സർവത്തെയും അറിയാൻ സാധ്യമല്ല എന്നുള്ളത് മാത്രമല്ല ഒന്നിനെ പൂർണ്ണമായും അറിയുക എന്ന് പറയുന്നവനും സാധ്യമല്ല പിന്നെങ്ങനെ സർവത്തെയും അറിയും ഒരു മണൽ തെരിയെ പൂർണ്ണമായി അറിയുക എന്ന് പറയുന്നത് സാധ്യമല്ല പിന്നെ ഇങ്ങനെ അവൻ അറിയും അഭിന്നെ സർവജ്ഞതയ്ക്ക് എന്താ അവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചു ഏ ഇവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചു ഈ സംശയം മകനുണ്ടായപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു കൊടുത്തു അപ്പൊ പറഞ്ഞു കൊടുത്താണ് വാച്ചാരംഭണം വികാരോ നാമധേയം വൃത്തികേ പറഞ്ഞു കൊടുത്ത് സർവത്തെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒന്നിനെ വിശകലനം ചെയ്ത് അതിനെ പൂർണ്ണമായി അറിയുന്നു അല്ലെങ്കിൽ ലോകത്തിലുള്ള സർവ വിഷയങ്ങളെക്കുറിച്ചുള്ള ഞാനൊന്നും അങ്ങനെയും ധരിക്കരുത് എങ്ങനെയാണോ സ്വർണത്തിൽ നിന്ന് വടയും കമ്മലും എല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനെയെല്ലാം പലതായി അറിഞ്ഞുകൊണ്ടിരിക്കുകയെ തന്നെ അതെല്ലാം സ്വർണ്ണമാണെന്നറിയുന്നത് അതാണ് സർവത്തെ അറിയുക എന്നുള്ളത് അതാണ് സർവജ്ഞത അല്ലാതെ സർവജ്ഞത മനുഷ്യ സാധ്യമല്ല ആർക്ക് സാധ്യമല്ല മനുഷ്യനോ സിദ്ധന്മാർക്കോ ഇനി സിദ്ധന്മാർക്ക് സാധിക്കുക ഒരിക്കലും സാധ്യമില്ല ലോകപാലകന്മാർക്ക് സാധിക്കുകയില്ല ദേവന്മാർക്ക് സാധിക്കുക ആർക്ക് സാധിക്കില്ല പിന്നെ ഇത് സാധിക്കും മനുഷ്യന് സാധിക്കും എന്താണോ സ്വണത്തിൽ നിന്നുണ്ടാക്കിയ വളയും കമ്മലും എല്ലാം സ്വർണം തന്നെയെന്നറിയും അപ്പോ സത്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ പ്രകാശിക്കുന്നതായ ഇതെല്ലാം അതിനെ ചുരുക്കി പറയുന്ന പേരെന്താണ് അവിടെ പറഞ്ഞ പേര് നാമവും രൂപവും അല്ലേ നമ്മളീ കാണുന്നതിനെല്ലാം ഒരു രൂപമുണ്ട് അതിനെല്ലാം ഒരു പേരുമുണ്ട് നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കും പേരറിയില്ലെങ്കിൽ പണ്ടുള്ള കഥ പറഞ്ഞതുപോലെ എന്തുപറയും നോമാൻ കേട്ടിട്ടുണ്ടോ ഏ നോമാൻ കില്ലിങ് മീ കഥ കേട്ടിട്ടുണ്ടോ നല്ല കഥയൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല പൊട്ട കഥകളൊക്കെ നമുക്ക് അത് പോട്ടെ ഇനിയിപ്പോൾ കഥയിലെ കാര്യം പറയുമ്പോൾ കഥയിപ്പോ അപ്പോ ഏതെങ്കിലും ഒരു പേര് നമ്മളവിടെ ഇടും അത് നമ്മുടെ ബുദ്ധിയുടെ ഒരു വൈഭവമാണ് പേരിടും അല്ലെങ്കിൽ ഒരു രൂപമുണ്ട് ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നാമമായിട്ടും രൂപമായിട്ടും എല്ലായിടത്തും അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയും അങ്ങനെ നാമരൂപങ്ങളോട് കൂടി തിരിച്ചറിയുന്നത് അതിനാണ് നമ്മൾ നേരത്തെ വേറൊരു പേര് പറഞ്ഞു എന്താണ് നേരത്തെ വേറെ കൂടി വരുന്നൊരു പേര് വിളിച്ചു പറഞ്ഞുള്ളൂ പ്രപഞ്ചം എന്ന് പറയും അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയാൻ പറ്റും മൊത്തം പ്രപഞ്ചത്തെ മുഴുവനായും അറിയാൻ പറ്റും എങ്ങനെ അറിയാം ാമരൂപാത്മകമായി അറിയാം അപ്പം അങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സർവജ്ഞന്മാരാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഹിസ്റ്ററി എനിക്കറിയാം എന്താണ് നാമരൂപാത്മകമാണത് അപ്പം നമ്മൾ സർവജ്ഞന്മാരാണ് അത് മാത്രം അറിഞ്ഞാൽ പോരാ പിന്നെ ഒന്നുകൂടി അറിയണം എന്താണോ അതെങ്ങനെയാണോ സ്വർണത്തിൽ വളയും കമ്മലും എല്ലാം നാനാ നാമരൂപങ്ങളുള്ളത് അതിനെയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയെ തന്നെ അതിനെ സ്വർണമായി അറിയുന്നു അവിടെ നേരത്തെ ഞാൻ ചോദിച്ചത് എങ്ങനെ അറിയണമെന്ന് അതിനെ സ്വർണമായി അറിയുന്നു അതാണ് സർവജ്ഞത എന്ന് പറയുന്നത് അതാണ് ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാത്തിനും അറിയാൻ കഴിയുന്നത് ഏ സ്വർണത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ആഭരണങ്ങളെയും അറിയാൻ കഴിയും അതിൻ്റെ രണ്ട് വിഭാഗമുണ്ട് ഒന്നെന്താണ് നാമരൂപങ്ങളാണ് മറ്റൊന്നെന്താണ് അതെല്ലാം സ്വർണ്ണമാണ് അപ്പം നാമരൂപങ്ങളെന്ത് സ്വർണം എന്ത് എന്താ ഏതാണോ ഇവിടെ പലതായി അറിയുന്നത് ഭിന്നങ്ങളായി അറിയുന്നത് അത് നാമരൂപങ്ങളിലൂടെ അറിയുന്നു പലതായി അറിയുന്നത് നാമരൂപങ്ങളിലൂടെ അറിയുന്നു ആ നാമരൂപങ്ങൾക്ക് ആധാരമായി ഇരിക്കുന്ന എന്തോ അതിനെ സത്യമായും അറിയുന്നു അതിന് നമ്മൾ നാമരൂപ പറയും അറിയാൻ വേണ്ടി പക്ഷേ നാമരൂപങ്ങളിലൂടെ അറിയുന്ന ഭേദം ഭിന്നങ്ങളായിരിക്കുന്നതിനെല്ലാം ആധാരമായിരിക്കുന്ന സ്വർണം അതിനൂടെ സത്തെന്ന് പറയുന്നു അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി പ്രപഞ്ചം എന്ന് പറയുന്നത് മരൂപങ്ങളിലൂടെ അറിയുന്നു ഇതിനൊരാധാരമുണ്ട് അതിനെ ഇത് അല്ലെങ്കിൽ സത്ത് അല്ലെങ്കിൽ ചിത്ത് ഇങ്ങനെ എല്ലാം അറിയുന്നു അപ്പൊ ആ അറിവിനെയാണ് സർവജ്ഞത എന്ന് പറയുന്നത് അപ്പോ ഈ അറിവ് ഏത് അറിവില്ലായ്മയാണോ മാറ്റുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ഈ അറിവുകൊണ്ട് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു ഈ അറിവ് എങ്ങനെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു അറിവില്ലായ്മ ആണ് അസ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിയുന്നവൻ അതിവിടെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ അറിഞ്ഞിട്ട് വേറെ വിശേഷമൊന്നുമില്ല ഇവിടെ അറിഞ്ഞിട്ട് ഞാനത് അറിഞ്ഞ് എന്ത് കെട്ടി വേറെ നിറഞ്ഞു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അല്ല ഇവിടുത്തെ അസ്വാതന്ത്ര്യം എന്ന് പറയുന്നു അറിവില്ലായ്മയാണ് അറിവില്ലായ്മയിൽ നിന്നുള്ള മുക്തിയാണ് മുക്തി എന്ന് പറയുന്നത് ആ ഒരു മുക്തിയെ പറയുന്നത് നമ്മൾ തേടി നടക്കുന്ന മുക്തിയല്ല നമ്മൾ തേടി നടക്കുന്ന മുക്തി എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയെ ഇവിടെ ഭാഗമാണ് ആ മുക്തി എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ ഇച്ഛാതന്ത്രമായ ഇച്ഛയ്ക്ക് അധീനമായ നമ്മുടെ ബുദ്ധി ആ ബുദ്ധിയാണ് നമ്മൾ മുക്തിക്ക് വേണ്ടി ഓടിക്കുന്നത് പല വഴി ജ്ഞാനമെന്നും ഭക്തിയെന്നും കർമ്മമെന്നും യോഗമൊന്നുമെല്ലാം ഉള്ള പൊയ് നമ്മൾ ധരിച്ചുകൊണ്ട് ഇതിന്റെ പുറകെ ഓടുകയാണ് മുക്തിയുടെ പിറകെ ഇതെല്ലാം നമ്മുടെ അറിവില്ലായ്മയെ പെരുപ്പിക്കുന്നതാണ് അപ്പോ ആദ്യം അറിവില്ലായ്മ എന്താണെന്ന് തിരിച്ചറിയണം അപ്പോൾ എന്താണ് അറിവില്ലായ്മ പറയുന്നത് എന്താണ് വേറെ ഒന്നും കണ്ട ഈ തത്വത്തെ അറിയാതിരിക്കുന്നതാണ് അറിവില്ലായ്മ കാരണം അറിവില്ലായ്മ എന്ന് പറയുന്നു അല്ലാതെ വേറെ കട്ടി പിടിച്ച ഇരുട്ടുകളൊന്നുമല്ല നിങ്ങൾ ഈ വാസ്തവത്തെ അറിയുന്നില്ലയോ അറിവില്ലായ്മ ഇതാണ് തൻ്റെ സത്യം ലോകത്തിൻ്റെ സത്യം അറിഞ്ഞ പോലെ തൻ്റെ സത്യം അറിയുന്നു അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ തൻ്റെ സത്യം എന്താണെന്നറിഞ്ഞാൽ പിന്നെ അവന് അതുകൊണ്ട് മനസ്സിലാക്കാൻ ലോകത്തിന്റെ സത്യം ഇത് തന്നെയാണ് എന്റെ സത്യം ഞാൻ അറിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ സത്യം ഇതാണ് ആ സത്യബോധം അറിവില്ലായ്മയെ മാറ്റുമ്പോൾ അവൻ സ്വതന്ത്രമായിത്തീരുന്നു അറിവില്ലായ്മ സ്വതന്ത്രനായി ഇതിനെവിടെ മുക്തി എന്ന് പറയും അപ്പോ ചോദിക്കും പക്ഷെ ഇതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊണ്ടാണ് ആശ്രമത്തിൽ വന്നതും ആശ്രമത്തിൽ അടിഞ്ഞുകൂടിയതും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമ്മതിച്ചു അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് നിങ്ങളുടെ മുക്തിയെങ്കിൽ ഉറുമ്പിന്റെ ഉദാഹരണം പറഞ്ഞപോലെ ആയിപ്പം അതെപ്പോഴേ പരിഹരിക്കൂ ചാവുമ്പോ പരിഹരിക്കും ഇത്രയും കാലമായിട്ട് പരിഹരിച്ചോ പരിഹരിച്ചോ ഏ ഇപ്പോഴും പ്രശ്നങ്ങളാണ് ഇപ്പോഴും പ്രശ്നത്തിൽ പെട്ടാ പോകുന്നു അപ്പൊ പ്രശ്നങ്ങളുടെ പരിഹാരം അല്ല മുക്തി എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അതിനേതായ വഴികൾ നോക്കണം ആ ശരിയാണ് ആശ്രമത്തിലെത്തിയത് ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ടാണ് ആശ്രമത്തിലെത്തുന്നത് എന്തായിരുന്നു പ്രശ്നം എന്താണ് ആശ്രമത്തെത്തിയതിന്റെ പ്രശ്നം എന്താ പ്രശ്നം നിങ്ങൾ ആശ്രമത്തിലെത്തിയവരാണല്ലോ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം ആശ്രമത്തിലെത്താൻ ഇംഗ്ലീഷ് പറഞ്ഞാലും മതി മലയാളം അറിയാത്തത് ഉണ്ട് മലയാളം അറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ വളരെ സിമ്പിളാണ് കാര്യം നിങ്ങൾ വിചാരിക്കുന്നു ഗുരുതരമായ പ്രശ്നം കൊണ്ടെന്നല്ല ആശ്രമത്തിൽ വന്നു ആ പ്രശ്നം ഇതുവരെ തിരിച്ചറിഞ്ഞുകൊണ്ടെന്നെ ഉള്ളു ഏ അതെന്താണെന്ന് ആ അതിപ്പോൾ പറഞ്ഞത് ശരി എന്തോ ഒരു പോരായ്മ ആ പോരായ്മ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് അതറിയാമോന്നാണ് അത് തിരിച്ചറിഞ്ഞോ എന്നാണ് ഇത്രയും കാലമായിട്ട് ഇപ്പോഴും എന്തോ ഒരു പോരായ്മ പറഞ്ഞാൽ പറ്റില്ല പറയാമോ ഈ ലോകത്തുള്ള എല്ലാ ആശ്രമങ്ങളിലും ആൾക്കാർ പോകുന്നത് ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഏ അത് പറഞ്ഞാൽ എന്നുള്ള ചോദിക്കുമ്പോൾ ഇത്രയുള്ളതോ ഇത്രയും നിസാര നമ്മൾ ഇത്രയും കാലം വെറുതെ കളഞ്ഞു എന്നിങ്ങനും ചോദിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുമോ ചിലന് വളരെ ആകാംക്ഷയോടെ എന്നെ നോക്കുകയാണ് ഇത് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള എനിക്കൊരു ഉറപ്പില്ല പിന്നെ പറഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പില്ല ഞാൻ നിങ്ങളുടെ കാര്യമില്ല പറയാം പുറം ലോകത്ത് ജീവിക്കുന്നവർക്കും ഇതേ പ്രശ്നം തന്നെയാണുള്ളത് പുറം ലോകത്തിലുള്ളവർ ഈ പ്രശ്നത്തെ അതിജീവിച്ചൊന്നുവെച്ച ഇല്ല അവർ മറ്റുപായങ്ങൾ തേടുന്നു അത് നേരത്തെ പറഞ്ഞല്ലേ പരമാനന്ദം എന്ന് പറഞ്ഞാൽ അവിടെ പോവും അത് ഈ പ്രശ്നം തന്നെയാണ് ലോകത്തും മനുഷ്യരും ഈ പ്രശ്നമാണ് ഈ പ്രശ്നം ഈ പ്രശ്നം ഞാൻ പറയുന്നത് നിങ്ങളാരെങ്കിലും പറഞ്ഞോ എന്നറിയാൻ പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കുറെ പേരെന്ത് ചെയ്യുന്നു കടുഷാപ്പിൽ പോകുന്നു ഈ പ്രശ്നം കുറെ പേര് രാഷ്ട്രീയത്തിൽ പോകുന്നു അവർക്ക് ഇത് തന്നെ പ്രശ്നം കുറച്ചുപേരും മറ്റോരോരോ ഉപായങ്ങളെ ആശ്രയിക്കുന്നു കുറച്ചുപേര് ആശ്രമത്തിൽ പോകുന്നു എല്ലാവരുടെയും പ്രശ്നം ഒന്നു തന്നെയാണ് ഇപ്പം മനസ്സിലായോ ഏ ശാന്തിയില്ല അത് ശരിയാണ് നമ്മുടെ പ്രശ്നം തന്നുള്ളതാണ് എന്തുകൊണ്ട് ശാന്തിയില്ല ഏ നമ്മുടെ പ്രശ്നം ഇനിയെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സെൽഫ് മാനേജ്മെന്റ് അതില്ലാത്തോണ്ടാണ് ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായെങ്കിൽ നേരത്തെ മനസ്സിലാകേണ്ടതല്ലേ ഇതാണ് പ്രശ്നം മനുഷ്യന്റെ എല്ലാം പ്രശ്നം അതിനൂടെ അത് ഉണ്ടാവുന്നതിനാണ് എന്ത് പറയുന്നത് സ്വാതന്ത്ര്യം ഒരുത്തനും അവനവനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടിവന്ന ലോകത്തെ കൈകാര്യം അല്ലേ പറയുന്നത് ശരിയാണോ ഇപ്പോഴും കത്തുന്നില്ല നമുക്ക് എന്തും കൈകാര്യം ചെയ്യാൻ പറ്റും സ്കൂൾ കൈകാര്യം ചെയ്യും ആശുപത്രി കൈകാര്യം ചെയ്യും നാട്ടുകാരെ കൈകാര്യം ചെയ്യും പക്ഷെ അവനവനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതാണോ സത്യം അതാണോ ഇത്രയും സിമ്പിളാണ് കാര്യം അതാണോ അങ്ങനെ കൈകാര്യം ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ നമ്മളെല്ലാം വലിയ മാനേജ്മെന്റ് വിദഗ്ധന്മാരാണ് പരോപദേശ പാണ്ഡിത്യം നമ്മൾ ബാറുമുരം വരെ പോലെയാണ് സ്വന്തം തലമുടി വേറെ വേറൊരുടെ അടുത്ത് പോകണം ആരെങ്കിലും നമ്മുടെ അടുത്തൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പരിഹാരം നിഷ്പ്രയാസം നമ്മൾ പ്രശ്നങ്ങളിൽ കിടന്ന് ബന്ധം നേറുകയാണ് പക്ഷെ ഉപദേശിക്കുന്ന സമയത്തതുണ്ടോ ഏറ്റോ അത് ഇല്ല ഇതിൽ മാത്രമല്ല ആരെങ്കിലും അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് ഒരു പല്ലുവേദന എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുക്കും നമുക്ക് വല്ല് വേദന വന്നാൽ നമ്മൾ ഡോക്ടർ ഡോക്ടറെ അടുത്തും പോവും ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കത്തില്ല ഇത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നം നമുക്ക് നമ്മുടെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആ കുറേ പേർ വേറെ വഴിക്ക് പോയി കുറേ പേര് കള് ഷോപ്പിൽ കയറി നമ്മൾ വേറെ ഷോപ്പിൽ കയറി ഇതെല്ലാം ഷോപ്പുകളാണോ ണോ അല്ലേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നു ഇതാണ് നമ്മുടെ പ്രശ്നം ആത്മീയതയെന്ന് പറയുന്നതിൻ്റെയും ഭൗതികത എന്ന് പറയുന്നതിൻ്റെയും അടിസ്ഥാനം ഒന്നാണ് നമ്മൾ പറയും അവരൊക്കെ ഭൗതികതയും മുഴുകിപ്പോകുന്നു ആത്മീയ ചിന്തയില്ല അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് പ്രശ്നം ഒന്ന് തന്നെയാണ് നമ്മളെന്ത് ചെയ്യുന്നു ആത്മീയതയിൽ അതിൻ്റെ പരിഹാരം നേടാൻ ശ്രമിക്കുന്നു എങ്ങും എത്തുന്നില്ല അവരും ഭൗതികതയിൽ അതിൻ്റെ പരിശ്രമം നേടാൻ ശ്രമിക്കുന്നു അവരും ഒരിടത്തും എത്തുന്നില്ല എന്നാലും നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു നമ്മൾ ശ്രേഷ്ഠന്മാരാണോ നമ്മൾ ശ്രേഷ്ഠന്മാരാവണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ഏതൊരു പ്രശ്നത്തിൽ ആണോ നമ്മളെ ഇവിടെ എത്തിച്ചത് നമ്മൾ പരിഹരിക്കണം ഉണ്ടോ ഏ മനുഷ്യന്റെ ജന്മം മുതല് ഓ ഇന്നെന്തായാലും ഒരു ഉപകാരം ചെയ്തു എന്താണോ അത് തന്നെ അങ് മാറ്റി എന്താ കൊള്ളാം നിങ്ങള് ആൾക്കാർ പരാതി പറഞ്ഞ എന്നാ ഇന്നൊരു പണി കൊടുത്തേക്ക എനിക്ക് നേരത്തെ അറിയാം ഞാൻ വന്ന കാലം പോലെ നിങ്ങൾ എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്കറിയാൻ വയ്യാതെ ഒന്നുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പണിയോടൊപ്പം പോകുന്നു ഇപ്പോൾ കോവിഡ് നയന്റീനിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പൊ പറയുന്നത് ഞാനോടൊപ്പം പോവുക നല്ല പേരും ദൂരത്തില്ല അതുപോലെ നിങ്ങളുടെ പണിക്കൊപ്പം ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം അപ്പോ ഇതെന്താണ് എല്ലാവരുടെയും പ്രശ്നമൊന്നാണ് ഭൗതികത്തിലോ ആത്മീയത്തിലോ അവനവന് കൈകാര്യം ചെയ്യാൻ അവനവനറിയുന്നു അവനവനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ ഇതാണ് നമ്മൾ വളരെ ബാല്യം പോലെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഒരു ഒരു കൊച്ചു കുഞ്ഞ് അവൻ നടക്കാൻ ശീലിക്കുമ്പോൾ അവൻ എന്തു ചെയ്യുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വിരളിൻ്റെ തുമ്പത്ത് പിടിക്കും അങ്ങനെ നടക്കുമ്പോൾ അവൻ ക്രമേണം മനസ്സിലാക്കും എന്താണോ എൻ്റെ കാലുകൾ ഉറക്കുന്നുണ്ട് അല്ലേ എപ്പോഴാണോ അവന് അവനെ സംബന്ധിച്ചൊരു തിരിച്ചറിവുണ്ടാകുന്നത് ആ സമയത്തെന്തു ചെയ്യും അവനാ പിടിവിടും വിടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണെന്നാണ് എൻ്റെ ഒരു ധാരണ മറന്നുപോയോ അതൊക്കെ പിടിവിടുന്നുണ്ടല്ലോ കാരണം അവനൊരു കോൺഫിഡൻസ് വരുന്നു ഇനി എനിക്ക് നടക്കാൻ പറ്റും അവൻ്റെ ബുദ്ധിക്ക് വികാസമൊന്നും പ്രാപിച്ചില്ലെങ്കിലും അവൻ തിരിച്ചറിയുന്നു അവനെ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൻ്റെ സമയത്ത് അവനെ പിടിക്കാൻ അച്ഛനോ അമ്മയോ ശ്രമിച്ചെന്നിരിക്കുന്ന എന്തായിരിക്കും സംഭവിക്കുന്നത് അവൻ കൈതട്ടി മാറ്റും ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറയും ഇത് എന്താണ് ജീവനിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവനെപ്പോഴും സ്വതന്ത്രനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെപ്പോഴും സെൽഫ് മാനേജ്മെന്റ് അതാണ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പിന്നെ എവിടെയാണ് തകടം മറിയുന്നത് ഏ എവിടെയാ തകടം മറിയുന്നത് ഇവൻ്റെ ബുദ്ധിയൊന്ന് ഉറച്ചു വരുമ്പോൾ സഹജമായ പ്രേരണകൾ അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ജീൻ അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു അവൻ്റെ ഉള്ളിലിരിക്കുന്ന ജീനുകൾ അവനെ പ്രവർത്തിപ്പിക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ അവൻ്റെ അതിജീവനത്തിന് വേണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അവൻ്റെ അറിവ് അറിവ് വികാസം പ്രാപിച്ചു വരുമ്പോൾ അത് പല സ്ഥലത്തേക്കും പോവും പ്രപഞ്ചത്തിലേക്ക് പോവും അറിവ് അപ്പോൾ അവൻ പ്രപഞ്ചത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കും എന്നുവെച്ചാൽ അവനൊരുപാട് പിടികളുണ്ടാവും അവനൊരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടാവും അവൻ ഡോക്ടറാവും അവൻ എഞ്ചിനീയറാവും ശാസ്ത്രജ്ഞനാവും അവൻ്റെ അപ്പുറമെല്ലാവും പക്ഷെ അവൻ എന്ത് വരുന്നു നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്നു എന്താണ് അവൻ അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അവിടെ അവൻ തളർന്നു പോകുന്നു അപ്പോഴാണ് ഈ ഷോപ്പുകളിലേക്ക് അവൻ പോകുന്നു നേരത്തെ പറഞ്ഞ ഷോപ്പുകളിലേക്ക് അതിലൊരു ഷോപ്പാണ് ഏത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഷോപ്പ് ഇത് തന്നെയാണ് നമ്മളിവിടെ എത്തിച്ചത് അല്ലെന്നാരെങ്കിലും പറയാൻ പറ്റുമോ പറ്റുമോ ഏ അങ്ങനെ അല്ലെന്നാരെങ്കിലും പറയുന്നെങ്കിൽ അവൻ ഏറ്റവും വലിയ ആത്മവഞ്ചകനാണ് അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് യാതൊരു പ്രയോജനമില്ല അതാണോ മനുഷ്യന് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോട്ടിരിക്കുന്നത് അതെപ്പോഴാണോ അവൻ സ്വതന്ത്രനാകുന്നത് പണ്ട് ആദ്യം ആ പിടിയിൽ നിന്ന് അവൻ എങ്ങനെയാണ് സ്വതന്ത്രനായത് ശൈശവത്തിൽ അതുപോലെ ഒരു സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനാണ് ഇവിടെ പറയുന്ന മുക്തി എന്ന് പറയുന്നത് അതവൻ അവനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അപ്പോൾ ആ തിരിച്ചറിവിൽ ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ എന്തു പറയുന്നു അവൻ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ സ്വാതന്ത്ര്യനായി അതുവരെ അവൻ സ്വാതന്ത്ര്യമില്ല അതുവരെ അവൻ അവൻ്റെ തന്നെ ഉള്ളിലുള്ള ഒരു വെളിച്ചത്തിൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളതല്ല അവന്റെ പ്രശ്നങ്ങൾ അവൻ കൈകാര്യം ചെയ്യുമ്പോൾ അവൻ മുക്തനായി അതാണ് ഇവിടെ പറയുന്നത് നീ നിന്റെ ഉണ്മയെ നിന്റെ സത്തയെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് അപ്പോ അവൻ സ്വതന്ത്രനാവും അവൻ പിന്നെ പരാശ്രിതനല്ല ഈ ഒരു ഭാഗം നമുക്ക് ജീവിതത്തിൽ ഈ ഒരു പാഠം നമുക്ക് കിട്ടാതെ പോകും നമുക്കറിയാൻ പറ്റാതെ പോകും അതിന് ഏത് ഷോപ്പി കയറിയാലും അത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല വീണ്ടും പരാശ തന്നെ ജീവിതമൊന്നും പോട്ടു അതുകൊണ്ടാണ് ഇതിനെ ആത്മവിദ്യ എന്ന് പറയും എന്താണ് തന്നെ കുറിച്ചുള്ള ബോധം ആ ബോധം ഉഭയമില്ലാത്ത അല്ല തൻ്റെ ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പാരതന്ത്ര്യത്തിൽ നിന്ന് തനിക്ക് മോചനം തരുന്നു പരാശ്രിതത്തിൽ തനിക്ക് മോചനം തരുന്നു ആത്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ആത്യന്തികമായി പറയുമ്പോൾ എന്താ പറയുന്നത് അവൻ തന്നെ കുറിച്ച് ശരിയായ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഗുരുനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറയുന്ന അതുകൊണ്ടാണ് അതിങ്ങനെ പാടിക്കേട്ടുറങ്ങാനുള്ള സാധനമല്ലേ അതിനുള്ള സാധനമല്ല അത് ഉള്ളിൽ തെളിയാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത് അപ്പോഴേ എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിനെക്കുറിച്ചാണ് ഇവിടെ ഇത് പറഞ്ഞുകൊടുക്കുന്ന ആരുടെ അടുത്താണ് ഒരു കൊച്ചു പയ്യൻ്റെ അടുത്താണ് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളവർ പയ്യൻ്റെ അടുത്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉപദേശം കൊടുക്കുന്നു ആ പ്രായത്തിൽ തന്നെ അവന് സ്വതന്ത്രനാകാൻ പഠിപ്പിക്കുകയാണ് നമ്മളെന്ത് ചെയ്യും ആ പ്രായത്തിൽ ഒരുവനെ കിട്ടി അവന് പരാശ്രിതനാകാൻ പഠിപ്പിക്കും സ്വാതന്ത്ര്യത്തിന്റെ ബോധം അവന് പറഞ്ഞുകൊടുക്കത്തില്ല തന്റെ സത്തയെ തിരിച്ചറിയുക ആ അറിവിൽ ജീവിക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ പറഞ്ഞു കൊടുക്കൂ അനുവരം നമ്മൾ ആവശ്യമില്ലാത്ത നൂലാമാലകളെല്ലാം അസ്വതന്ത്രമായി മനസ്സിലേക്ക് വലിച്ചു കയറ്റും അതുതന്നെ അവന് കുരുക്കായി തീരും അന്ന് പറയുന്നത് സത്യത്തെ ബോധിപ്പിക്കണം എന്ന് പറയുന്നു ബോധിച്ചാലും ബോധിച്ചില്ലെങ്കിൽ നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിൻ്റെ കയ്യിലായിരിക്കുന്നു നീ നിന്നെ തിരിച്ചറിയുന്നതാണ് നിന്റെ മുക്തി മറ്റൊന്നുമില്ല അപ്പോഴാണ് അവൻ എല്ലാവറിവുമുള്ളവനായി മാറുന്നത് എന്നാണ് അപ്പോൾ അവന് തന്നെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും അപ്പോൾ അവൻ സ്വാതന്ത്ര്യനാകും പരതന്ത്രനല്ലാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം അതാണ് ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞെന്താണോ അറിവ് ഒരിക്കലും ഇച്ഛാതന്ത്രമാകാൻ പാടില്ല പിന്നെ അത് സ്വതന്ത്രമായിരിക്കണമെന്ന് പറഞ്ഞതാണ്